അള്ളാഹുസുബഹാനഹുവ ചായാലായുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് പാരായണം ചെയ്യപ്പെടുകയും അവൻറെ ദൂതൻ നിങ്ങളുടെ ഇടയിലുണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങളെങ്ങനെയാണ് സത്യനിഷേധികളാകുന്നത് അല്ലാഹു സുബഹാനഹുവ ചായാലെ മുറുകെ പിടിക്കുന്നവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു